സിദ്ധ സിന്ദ്രീശ്വര സി വസാ സംഗേ ഗുരു കരണ്ടിവരാ ായ ഭാഷകൾ വല ഗുരുമേണ്ടായ ലക്ഷ്മ തശമിജത്മത ആശമ സ്മര ആകാശ ആത്മതത്തെജ ആത്മതാപ ആത്മതാവിർ തിരോഭാവോ ആത്മതോന്ന ആത്മതോ ബലം ആത്മതോ വിജ്ഞാനം ആത്മതോധ്യാനം ആത്മതശ്ചിത്തം ആത്മതൽപ്പം ആത്മതോ മന ആത്മതോവാഗ് ത്മത്ാമാ ആത്മതോ മന്ത്ര ആത്മതേം സ ശേഷ ശ്ലോകോ നശ്യോ മൃതി പശ്യതി നോഗം നോതുഃഖത പശ്യ പശ്യതിർമാപ്പ്നോതിർ സേകത ധൈ പുനശേകൃശേക ആഹാരശുദ്ധോ സത്ശുദ്ധി സത്യശുദ്ധോ ധ്രുവാസ്മൃതി स्मृतिलमं सर्व्रंथीना प्रमोक्षा तस्मृत तमसस्कार दर्शयदी भगवकुमंद ക്ഷണ രാഗദ്ദേശമോഹദോഷം ആഹാരശുദ്ധോ സത് സുദ്ധോ ദ്രുവാസ്മൃതി ആഹാര ശുദ്ധി കൊണ്ടാണ് സത്വശുദ്ധി സത്വ ശുദ്ധിയൊണ്ട് ധ്രുവമായ സ്മൃതി ആഹാരശുദ്ധി കൊണ്ട് അന്തക്കണ്ണശുദ്ധി നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ് ഗീതയിൽ സാത്വികമായ ആഹാരം താമസാഹാരം രാജസാഹാരം ആ വ്യത്യാസം പക്ഷെ ഇവിടെ ആഹാരശുദ്ധി എന്ന് പറഞ്ഞപ്പോ ഭാഷകാരൻ ആഹാരത്തിന് ഭക്ഷണം എന്നുള്ള അർത്ഥം ഇവിടെ ആഹാരം എന്നുള്ളതിന് ആഹ് ആഹാര ശബ്ദാദിവിഷയവിജ്ഞാനം മറ്റു പല ആചാര്യന്മാരും ആഹാരസിദ്ധിക്ക് ശുദ്ധാഹാരം എന്നുവെച്ചാൽ സാത്വികമായ ആഹാരം അർത്ഥം പറയുന്നുണ്ട് അതിനിടെ നിഷേധിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഒന്നും കൂടി മുമ്പോട്ട് പോയിട്ട് കാരണം ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ഇവിടെ ആത്മബോധത്തിന്റെ അവസ്ഥയെ പറയും ഏതസ്യവും പശ്യതയും മന്വാനസ്യയും വിജാനത എന്ന് പറഞ്ഞു ത്മബോധത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയും ആത്മതഹ എന്ന് പറയുകയും ചെയ്തു ആത്മബോധത്തിലൂടെയാണ് വ്യവഹാരം എന്ന് പറയുന്നത് സഞ്ചാരിച്ചു ജാഗ്രത് ബോധം അവിടുത്തെ വ്യവഹാരമാണ് മുഖ്യമായിട്ട് ആ ജാഗ്രത് ബോധത്തിൽ ആത്മബോധം അത് ശ്രവണ മനന എന്ന വ്യതിഹാസങ്ങൾ പ്രത്യേകം പറയുകയും ചെയ്തു അങ്ങനെ എന്ന് പറയുമ്പോൾ അത് വളരെ ഉയർന്ന ഒരവസ്ഥയാണ് കേവലം ആഹാരശുദ്ധിയിലൂടെ മനഃസിദ്ധിയും നേടുന്നത് അതിനപേക്ഷുമ്പോൾ അവർ കുറച്ചുകൂടി താഴ്ന്ന നിലയാണ് സാധകന്റെ പ്രാരംഭസാധന എന്നുള്ള നിലയ്ക്കാണ് ആഹാര ശുദ്ധിയും മറ്റും അന്തക്കന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നു പക്ഷെ ഇതങ്ങനെയല്ല അങ്ങനെയുള്ള ഒരു ശുദ്ധി വന്നതിന് ശേഷം അങ്ങനെ ഒരു ശുദ്ധിയിലാണല്ലോ ശ്രവണമനാദി സാധനങ്ങളൊക്കെ നടക്കത്തുള്ളൂ പറഞ്ഞു അവിടെ കർമ്മയോഗം കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി അവിടെ ശ്രവണാദി സാധനങ്ങൾ അവിടെ ജ്ഞാനോത്പത്തി ഇവിടെ ആ ജ്ഞാനോത്പത്തിയുടെ നിലയിലാണ് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആഹാരശുദ്ധി പോലുള്ള കാര്യങ്ങൾ ആ കർമ്മയോഗത്തിന്റെ ാണ് രണ്ടുമല്ല വ്യത്യാസം ഒരു സിദ്ധനെ സംബന്ധിച്ച് അതിൽ നിയമങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ശ്രവണാദി സാധനങ്ങളുടെ ആത്മബോധത്തെ വേണ്ടി ശ്രമിക്കുന്നവരോ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള ആഹാരസിദ്ധിയെ കുറിച്ച് പറയുകയാണ് തുടക്കത്തിൽ ആഹാരശുദ്ധി വേണം അതിന് നിശ്ചിത്യശുദ്ധിയും വേണം പക്ഷെ അത് മുന്നോട്ട് വരുമ്പോൾ അവിടെ ആഹാരം എന്ന് പറയുന്നത് എന്താണ് കേവലം കഴിക്കുന്ന ആഹാരം മാത്രമല്ല ആഹ് ആഹാര ശബ്ദാദി വിഷയവിജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഉള്ള ഈ വിഷയഗ്രഹണം ഇവിടെ പറയുന്നത് ജ്ഞാനേന്ദ്രിയുടെ പ്രവർത്തനമാണ് കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ് അതിനോട് ബന്ധപ്പെടുന്നു ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വിഷയഗ്രഹണം ഇവിടെ പറയുന്നത് ശബ്ദാദി വിഷയ വിജ്ഞാനം അതാണ് ഇവിടുത്തെ ആഹാരം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും എന്താണോ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ആഹാരം ആഹരിക്കപ്പെടുന്നത് എന്നർത്ഥം ആഹരിയതേ ആഹരിക്കപ്പെടുക എന്ന് വെച്ചാൽ ഗ്രഹിക്കുക എന്നുള്ള അർത്ഥം ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല എന്താണോ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ജ്ഞാനേന്ദ്രിയാണ് ആ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എന്താണ് ജ്ഞാനമാണ് മറ്റൊന്നുമില്ല അതിന്റെ വിഷയം ജ്ഞാനമാണ് ആ ജ്ഞാനത്തിന്റെ ശുദ്ധി ആ ജ്ഞാനത്തിന്റെ ശുദ്ധിയും മനസിന്റെ ശുദ്ധി ം കൊണ്ടുവരുന്ന മനസിന്റെ ശുദ്ധി അത് മനസ്സിന്റെ സാത്വികഭാവത്തെ കൂടുതൽ വളർത്തും ഇവിടെ എന്താ പ്രത്യേകിത ഇവിടെയും അത് തന്നെ ഇത് കുറച്ചുകൂടി സൂക്ഷ്മമാണെന്നേ ഉള്ളൂ ആഹാരശുദ്ധി കൊണ്ടുവരുന്ന സത്വശുദ്ധി ചിത്തശുദ്ധിയെ കുറിച്ച് പറയുന്നു അവിടെ രാഗാതി ദോഷങ്ങൾ അത് കുറയുന്നതാണ് ചിത്തശുദ്ധി നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനെ കുറിച്ച് തന്നെ പറയുന്നത് അവിടെ ഭോജ്യമായിരിക്കുന്നത് അന്നം അതാ അന്നപാനാദികളാണ് അവിടെ ഭോജ്യമായിരിക്കുന്നത് അത് മനസ്സിനെ സ്വാധീനിക്കുന്നു എങ്ങനെയാണ് നമ്മൾ മുമ്പ് രണ്ടു ദിവസം ചർച്ച ചെയ്ത് മനസ്സിനെ നേരിട്ടുള്ള സ്വാധീനിക്കുന്നത് ആഹാരം മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയില്ല രണ്ടും രണ്ടാണ് ആഹാരം സ്ഥൂലമാണ് മറ്റു സൂക്ഷ്മമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ തലത്തിലാണ് ശുദ്ധി വരുന്നത് വിഷയവിജ്ഞാനങ്ങളെ ഗ്രഹിക്കുന്നതിലൂടെ വരുന്ന ആ ശുദ്ധി ഭോഗായ ആഹ് പറയുന്നു ഭോക്താവ് ജീവനാണ് ഭോക്താവ് തന്റെ ഭോഗത്തിനു വേണ്ടി എന്നുവെച്ചാൽ തന്റെ അനുഭവത്തിന് വേണ്ടി ശബ്ദസ്പർശ രൂപ ഗന്ധാനുഭവത്തിനു വേണ്ടി ആഹ്രിയതെ ഗ്രഹിക്കുന്നു ജീവൻ്റെ ഉള്ളിൽ അന്ധക്കരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു ഇന്ദ്രിയം മനസ്സ് വീടവിഷയ സമ്പർക്കം കൊണ്ട് അതിനാണ് ഭോഗമെന്ന് പറയുന്നു ഭക്ഷണം കഴിക്കുന്നു ആഹാരം കഴിക്കുന്നു അതിനും ഭോഗമെന്ന് പറയും പക്ഷെ ഇവിടെ അതങ്ങനെയല്ല ജ്ഞാനം അന്ധകരണത്തിൽ ഉത്പന്നമാകുന്നു എങ്ങനെ ഇന്ദ്രിയ മനസ്സും വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ആ ജ്ഞാനോത്പത്തിയെ കുറിച്ച് പറയുന്നത് എന്താണോ മനസ്സ് സ്വയം തന്നെ ജ്ഞാനമയമാണ് മനസ്സെന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്തതല്ല മനസ്സിന് ജ്ഞാനമയമായിരിക്കേണ്ടത് ജ്ഞാനമില്ലാത്ത മനസ്സില്ല മനസ്സെന്ന് പറഞ്ഞാലേ അത് ജ്ഞാനമാണ് പക്ഷെ ആ ജ്ഞാനമയമായിരിക്കുന്ന മനസ്സ് അതേ മനസ്സ് തന്നെയാണ് രാഗദ്വേഷാദികൾക്കും ഇടം കൊടുക്കുന്നത് ആ മനസ്സ് തന്നെ രാഗദ്വേഷാധിമയമായും ഇരിക്കും ഇവിടെ ഈ രാഗദ്വേഷാദികളുടെ അനുഭവം അതും ഭോഗമാണ് ജീവന്റെ ഭോഗം ശബ്ദസ്പർശ രൂപസുഗന്ധ അനുഭവം അതും ജീവന്റെ ഭോഗമാണ് ഇതെല്ലാം ജീവഭോഗം ഈ ശബ്ദസ്പർശ ഗന്ധം എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ സർവ്വ അനുഭവങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ശബ്ദം കേൾക്കുന്നതോ നിറം കാണുന്നതോ അല്ല ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്തെന്തൊക്കെ അനുഭവങ്ങളുണ്ടോ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു ഈ ശരീരം ഉൾപ്പെടെയുള്ളതിനെക്കുറിച്ച് ആധ്യാത്മികമായും ഭൗതികമായും എന്തൊക്കെ മനസ്സിലാകുന്നുണ്ടോ അതെല്ലാം ജീവഭോഗം ആ അറിവ് പക്ഷെ ആ അറിവ് രൂപത്തിൽ മനസ്സിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ മനസ്സ് രാഗദ്വേഷാദി രൂപത്തിലും രാഗന്ദ്വേഷം കാമം ക്രോധം ഭയം ഇങ്ങനെയുള്ള രൂപത്തിലും മനസ്സ് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം മനസ്സിന്റെ പ്രത്യേകത എന്താണ് അതൊരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അതേസമയത്ത് തന്നെ അതേ മനസ്സ് ഈ രാഗദ്വേഷാദികളെയും ഗ്രഹിക്കുന്നു അത് ഗ്രഹിക്കുന്നു ഇഷ്ടമുള്ളതെന്ന് കാണുന്നു മുമ്പൻ ആ വിഷയത്തെ ഗ്രഹിക്കുന്നു മനസ്സ് എന്നുവെച്ചാൽ മനസ്സ് ആ രീതിയിൽ പരിണമിക്കുന്നു വിഷയാകാല പരിണാമമൊന്നും പറ്റും പറയും സാങ്കേതികമായിട്ട് അപ്പോൾ ആ വിഷയത്തെ ഗ്രഹിക്കുന്നു ആ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ആ വിഷയം അനുകൂലമാണെങ്കിലും അതേ മനസ്സിന് സുഖരൂപത്തിൽ പരിണമിക്കുന്നു അനുകൂല ഭാവം വരുമ്പോ രാഗരൂപത്തിൽ അതിനോടുള്ള ഇച്ഛ രാഗമെന്ന് വെച്ച അതിനെ പ്രാപിക്കുന്നതിന്റെ ഇച്ഛ ആ രൂപത്തിൽ പരിണമിക്കുന്നു മനസ്സ് പ്രതികൂലം ഒന്നുകൊണ്ട് കഴിഞ്ഞാൽ ഉടൻ മനസ്സ് ദ്വേഷരൂപത്തിൽ പരിണമിക്കുന്നു അതിന്റെ സ്വഭാവം അനുസരിച്ച് ഈ പരിണാമങ്ങളെല്ലാം മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ജീവന്റെ ഭോഗമാണ് ആദ്യം ആ വിഷയത്തെക്കുറിച്ചുണ്ടാകുന്ന അറിവ് പിന്നെ അനുകൂല ബോധം പിന്നെ രാഗം ണമിക്കുക അതിന് വരുന്ന വ്യത്യാസം ഒരു പുഷ്പത്തെ കാണുന്നു മനസ്സ് ആ രൂപത്തിൽ പരിണമിക്കുന്നു പുഷ്പം എന്നുള്ള ജ്ഞാനം ഉണ്ടാകും തുടർന്ന് ഇവിടെ വിഷയം എന്താണ് ബാഹ്യമാണ് മനസ്സ് അതിനെ ഗ്രഹിച്ചു എന്ന് നമ്മൾ പറയുന്നു മനസ്സ് തഥാകാരമായി പരിണമിച്ചു അതിനെ ഗ്രഹിക്കുന്നു പക്ഷെ അതിൽ ദോഷമില്ല അതിനെ കാണുന്നു അതിനെ ഗ്രഹിക്കുന്നു ഇന്ദ്രിയവും മനസ്സും അതിൻ്റെ സ്വഭാവത്തെ കാണിച്ചു പരാഞ്ചി ഖാനി ഇത് തന്നെ സ്വയംഭൂ എന്ന ഈ സൃഷ്ടി അങ്ങനെയാണ് ബാഹ്യമായിട്ട് എന്തുണ്ടോ അതിനെ ആ രീതി ഗ്രഹിക്കുക അത് മനസ്സിന്റെ സ്വഭാവമാണ് പക്ഷെ തുടർന്നു വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇവിടെ ബാഹ്യമായ വിഷയത്തെ സാമാന്യമായി പറഞ്ഞാൽ മനസ് ആഗ്രഹിക്കുന്നു തുടർന്ന് വരുന്നത് അങ്ങനെയല്ല അവിടെ മനസ്സ് തന്നെ സ്വയം രാഗദ്വേഷാധിരൂപത്തിൽ പരിണമിക്കുകയാണ് അവിടെ വിഷയവും അതിന്റെ ഗ്രഹണവും മനസ്സിൽ തന്നെ സംഭവിക്കുന്നു മറ്റങ്ങനെയല്ല ഭാഗ്യമായൊരു നിമിത്തം ഉണ്ടായിരുന്നു പുഷ്പം എന്ന് പറയുന്ന ഒരു നിമിത്തം പുറമേ ദക്ഷിണേന്ത്യൻ ഇതിൻ്റെ സഹായത്തോടു കൂടി മനസ്സതിനെ ഗ്രഹിച്ച് മനസ്സിലൊരു മാറ്റമാണ് ഈ പുഷ്പമാണെന്നുള്ള ജ്ഞാനമുണ്ടായി ഈ ഗ്രഹണം ഇത് സ്വാഭാവികമാണ് ഇത് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഉള്ള കാര്യമില്ല ഇത്രയും മാത്രമേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ എന്തുകൊണ്ടത് സഹജമായ പ്രവൃത്തിയാണ് ഇതിനെ നിഷേധിക്കല്ല ചെയ്യുന്നു ഈ ഒരു മനസ്സിന്റെ പരിണാമം ഒരു തത്വജ്ഞനായാലും സംഭവിക്കും അജ്ഞനായാലും സംഭവിക്കും എന്ന് പറഞ്ഞത് പരാജിക്കാനിപ്പത്തരുന്ന സ്വയംപൂർവ്വം അത് സൃഷ്ടികർത്താവ് ചെയ്തിരിക്കുന്നതാണ് ഈ സൃഷ്ടി അങ്ങനെ ഒരു വിഷയത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അതിനുഗ്രഹിക്കുന്നതിനുള്ള ഒരു മനസ്സ് ഗ്രഹിക്കുന്ന ഒരുവൻ ഇതിന്റെ എല്ലാം പ്രവർത്തനം ഇത് സംഭവിക്കുന്നു ഇതില് ജീവൻ സ്വാതന്ത്ര്യമൊന്നുമില്ല ജീവൻ ജാഗ്രത്തിൽ സ്വാതന്ത്ര്യം ഒരു ജാഗ്രത എന്ന് പറയുന്ന ഇതാണ് ജാഗ്രത ജീവനും മാറ്റിവെക്കാൻ പറ്റത്തില്ല അല്ലേ അത് കഴിയത്തില്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കും അത് ഇല്ലാതാകണമെങ്കിൽ സുഷൃപ്തി പോണോ അല്ലെങ്കിൽ സമാധി പോണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോണോ അപ്പൊ അത് സ്വപ്ന ജാഗ്രത ആയി ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ദോഷമില്ല ഈ സഹജമായതാണ് ഇവിടെ വിഷയം ബാഹ്യമാണ് മനസ്സതിനിക്കുന്നു നമ്മുടെ അനുഭവം അനുസരിച്ച് അങ്ങനെയാണ് പക്ഷെ അടുത്ത് വരുന്നത് അങ്ങനെയാണ് അടുത്തുവരുന്നത് അന്ധകരണത്തിൽ രാഗം ദ്വേഷം ഭയം തുടങ്ങിയ വിഷയങ്ങൾ അന്ധകരണത്തിൽ തന്നെ ഉണ്ടാകും അവിടെ മനസ്സ് സ്വയം വിഷയരൂപത്തിൽ പരിണമിക്കുകയും ആ മനസ്സിൽ തന്നെ വിഷയങ്ങൾക്കനുസരിച്ച് വേറെ ജ്ഞാനുണ്ടാകുകയും ചെയ്യുന്നു രണ്ടു ഉള്ളി സംഭവിക്കുന്നു രാഗമുണ്ടാകുന്നു രാഗത്തെ ഗ്രഹിക്കുന്നു ഉണ്ടായാഗ്രഹിച്ചേ പറ്റൂ രാഗമുണ്ടാകുക അതിനെ ഗ്രഹിക്കാതിരിക്കാതെ സാധ്യമില്ല ഉള്ളിൽ ക്രോധം ഉണ്ടാകുക താൻ അറിയാതിരിക്കാതെ സംഭവിക്കത്തില്ല ക്രോധം ഉണ്ടായാൽ കാമുണ്ടായാലറിയും ദേഷ്യമുണ്ടായാൽ അറിയും ഭയമുണ്ടായാലറിയും അപ്പോൾ അവിടെ രണ്ടു കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഒരു വിഷയവും ആ വിഷയത്തിനനുസരിച്ചുള്ള ജ്ഞാനുണ്ടാകുന്നു അപ്പൊ വിഷയഗ്രഹണത്തിൽ ആദ്യപടി ബാഹ്യമായ വിഷയത്തെ മനസ് ഗ്രഹിക്കുക ആ വിഷയത്തെ സംബന്ധിച്ചുള്ള സങ്കല്പവികല്പങ്ങൾ ഉണ്ടാകുക അനുകൂല പ്രതികൂല ഭാവങ്ങൾ ഉണ്ടാകുക ഇത് പൂർവ്വസ്മൃതി അതിനെ സഹായിക്കുക അത് സംഭവിക്കും പൂർവസ്മൃതി അത് കാണുമ്പോൾ ആ സ്മൃതി ഉണ്ടായിരുന്നു ഉടനെ ആ സ്മൃതിയിൽ എന്താണ് പൂർവ്വ അനുഭവങ്ങളുടെ സ്വാധീനം ഇത് അനുകൂലമാണ് ഉടൻ രാഗം കാമം ഇത് പ്രതികൂലമാണ് ഉടൻ പൂർവസ്മൃതി സഹായിക്കും അല്ലെങ്കിൽ വർത്തമാനത്തിലുള്ള ഭാവനകൾ സങ്കല്പങ്ങൾ അത് സഹായിക്കും ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു അന്ധക്കരണത്തിൽ രാഗദ്വേഷാദികളുണ്ടാകുന്നു ജീവൻ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന രാഗദ്വേഷാദികളെ ഗ്രഹിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് തകരാറ് വരുന്നത് കാരണം ജീവൻ വിഷയത്തെ ഗ്രഹിക്കുന്നു സംഭവിക്കുന്നു അവിടെ അസ്വാഭാവികമായിട്ടൊന്നുമില്ല വസ്തു എങ്ങനെയോ അങ്ങനെ ആഗ്രഹിക്കുന്നു കറുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ കറുത്തതായിരിക്കുന്നു ചുവന്നിരുന്നാൽ ചുവന്നതായി വിഗ്രഹിക്കുന്നു വെളുത്തിരുന്നാൽ വെളുത്തതായി വിഗ്രഹിക്കുന്നു പക്ഷെ കറുപ്പ് ശത്രുവാണ് വെളുപ്പ് മിത്രമാണ് അങ്ങനെ രണ്ടാമത് വരുമ്പോൾ അതിനൂടെ അശുദ്ധി എന്ന് പറയുന്നത് ആ ശുദ്ധി മാറുന്നതിനാണ് ഇവിടെ സത്വശുദ്ധി എന്ന് പറയുന്നു ഈ രണ്ടാമത് നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല വിഷയത്തെ ഗ്രഹിക്കുക വിഷയത്തെ ഗ്രഹിക്കുന്നതിനൊരു ദോഷമുണ്ട് കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നു ആ ഗ്രഹണത്തിൽ ദോഷം ഒന്നും കണ്ണാടി മുമ്പിലുണ്ട് അതിന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രതിബിംബം വരും അതെ ഗ്രഹിക്കും പക്ഷെ ആ പ്രതിബിംബത്തെ സംബന്ധിച്ച് പിന്നെ വരുന്ന സങ്കല്പം ആ പ്രതിബിംബം വികൃതമാണ് അവിടെ താൻ വികൃതമായി അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള ചിന്ത അത് തന്റെ മനസ്സിൽ ദുഃഖത്തെ ഉണ്ടാകും കണ്ണാടി നോക്കിയപ്പോഴാണ് അറിയുന്നത് മുടി നരച്ച് വയസ്സായി ദുഃഖം വരും ഇന്നലെ വരെ ഇതെല്ലാം കരത്തിരുന്നാണ് നരച്ചത് പ്രയാസം വരും അനുകൂലം പ്രതികൂല ഭാവങ്ങൾ വരുന്നു അതനുസരിച്ച് രാഗദ്വേഷങ്ങളുണ്ടാകുന്നു രാഗദ്വേഷങ്ങളുടെ ഭോഗമുണ്ടാവുന്ന അനുഭവം ഇതെല്ലാം ഒരു പരമ്പര പോലെ അനടുത്ത പരമ്പര ഇതിങ്ങനെ ഉള്ളിൽ സംഭവിക്കുന്നു ഇതിന്റെ ആധിക്യങ്ങളുണ്ട് വാസ്തവത്തിൽ വിഷയഗ്രഹണം യാതൊരു ദോഷവും ചെയ്യുന്നില്ല ജീവൻ കണ്ണാടിയിൽ മുഖം കാണുന്നതും ഒരു അതൊരു ദോഷവും ചെയ്യുന്നു പക്ഷെ അതിനെ കുറിച്ച് വരുന്ന സങ്കല്പങ്ങൾ അത് ഇത് വർദ്ധിക്കും അങ്ങനെ വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അഹന്ത ഇതിനോടെല്ലാം താതാർമ്യൂ വിഷയത്തെ ഗ്രഹിക്കുന്നതും അഹം തന്നെ അഹന്ത തന്നെ ആഗ്രഹിക്കുന്നു അത്രമാത്രം മുമ്പോട്ടോ പിമ്പോട്ടോ ഒന്നും പോകുന്നില്ല അടുത്ത് തുടർന്ന് വരുന്ന രാഗദ്വേഷ പരമ്പര ഉള്ളിലുണ്ടാവുക അതിനെ ഗ്രഹിക്കുക അത് ഗ്രഹിക്കുമ്പോ പിന്നെ അവിടെ ഈ വിഷയഗ്രഹണമേയില്ല പുഷ്പത്തെ ഗ്രഹിച്ച പുഷ്പം പോയി അവിടെ നിന്ന് മറിച്ച് അവിടെ വരുന്നതെന്താണ് അതിനെ കുറിച്ചുള്ള അനുകൂല പ്രതികൂലങ്ങളെ കുറിച്ച് തുടർന്ന് വരുന്ന രാഗദ്വേഷങ്ങളായി ഈ പ്രകൃതിയിൽ താൻ എന്താണോ ഗ്രഹിച്ചത് അത് അതിനെ മറച്ചുകൊണ്ട് രാഗുദ്വേഷ പരമ്പര ഉണ്ടാവും ഈ അഹന്ത ഇതിനോടെല്ലാം താതാന്യപ്പെടുന്നു താതാന്യപ്പെടുമ്പോൾ അവൻ സ്വയം അനുകൂല പ്രതികൂലതകൾക്കനുസരിച്ച് സുഖിയും ദുഃഖിയുമൊക്കെ ആകും ഒരു പുഷ്പത്തെ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നാറുണ്ടോ ഞാൻ പുഷ്പമാണ് അത് തോന്നാറില്ല എന്തുകൊണ്ട് ആ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകുന്നതിനൊരു നിമിത്തം മാത്രമാണ് ആ ജ്ഞാനം കൊണ്ട് നമ്മൾ ആ വിഷയത്തോട് താതാന്യപ്പെടുന്നില്ല അത് താതാന്യപ്പെടുത്തിയിടത്തോളം കാലം അത് നമുക്ക് ദോഷവും ചെയ്യുന്നില്ല സബ്ദസ്പർശ രൂപര സഗന്ധങ്ങളെല്ലാം അംഗ്രഹിക്കുന്നു ഇത് ആണ് തത്വജ്ഞാനത്തിന്റെ നില വിഷയത്തെ ഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ അത് ദോഷം ചെയ്യത്തില്ല തത്വജ്ഞാനിയും വിഷയത്തെ ഗ്രഹിക്കുന്നത് ദോഷം ചെയ്യുന്നില്ല ഈ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളോട് അവിടെ താതാത്മ്യം സംഭവിക്കുന്നില്ല ഗ്രഹണം കൊണ്ട് സംഭവിക്കുന്നു അത് ഞാനാണ് എന്ന് താതാമ്യപ്പെടുത്തില്ല എന്നിട്ട് ഞാൻ പുഷ്പമാണ് ഞാൻ രൂപമാണ് രസമാണ് ഗന്ധമാണ് അങ്ങനെയുള്ള അനുഭവം ഭോഗം അതില്ല അതില്ലാത്തടത്തോളം കാലം ഈ വിഷയഗ്രഹണം ദോഷം ഉള്ളതല്ല പക്ഷേ വിഷയത്തെ ഗ്രഹിച്ച് ആ ജ്ഞാനത്തെ തുടർന്ന് നമ്മുടെ അന്ധക്കരണത്തിൽ രാഗം ദ്വേഷം ഭയം ഇതെല്ലാം ഉണ്ടായാൽ അതൊക്കെ സംഭവിക്കുന്ന ഉള്ളിലാണ് മനസ്സിലാണ് അന്ധക്കരണത്തിലാണ് അന്ധക്കരണ പരിണാമമായിട്ടാണ് ഉടൻ അവിടെ എന്ത് അനുഭവം ഉണ്ടാവും ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എനിക്ക് ഭയമുണ്ട് ഇതാണ് അനുദപരമ്പര എന്ന് പറയും ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇത് വന്നുകഴിഞ്ഞാൽ ഉടൻ മനസ്സ് കലങ്ങും വിഷയഗ്രഹണം കൊണ്ട് കലങ്ങില്ല എന്നുണ്ടോ അവിടെ താതാത്മ്യം സംഭവിച്ചിരുന്ന എന്ന് തോന്നിയില്ല അത് കേവലം ഒരു ദർപ്പണത്തിന്റെ ദൃശ്യം പോലെ ദർപ്പണത്തിലെ ദൃശ്യം കാണുന്നെന്തോ കാണുന്ന അത്ര മാത്രം അതിനുള്ള താതമ്യം സംഭവിക്കുന്നത് ടി വിയിലെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനങ്ങോട്ട് ആസ്വദിക്കാനുള്ള മനസാന്നിധ്യം ഇല്ലെങ്കിൽ അത് വെറുതെ ഒരു കാഴ്ച ആയിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം നടന്നാലും മനസ്സിൽ അനുകൂല പ്രതികൂലമൊന്നും ഉണ്ടാകത്തില്ല മനസാന്നിധ്യം കാണുന്ന അത്രമാത്രം ഒരുപക്ഷെ മനസ്സിൽ മാറ്റം എന്തെങ്കിലും ദുഃഖമോ സന്തോഷമോ ഒക്കെ ആയി വെറുതൊരു കാഴ്ചയായിരുന്നാൽ ഒന്നും സംഭവിക്കില്ല തന്നെ പക്ഷെ അതിനോട് താതമൃം വന്നാൽ അതിനനുസരിച്ച് കരയും ചിരിക്കും ദുഃഖിക്കും അതെന്തുകൊണ്ട് രണ്ടാമത് വരുന്ന വിഷയങ്ങൾ അത് അന്ധകരണത്തിൽ അസംഭവിക്കുന്ന രാഗദ്വേഷ അന്ധകരണത്തിൽ എന്ത് സംഭവിച്ചാലും ജീവന്റെ സ്വഭാവമാണ് അഹന്ത അതിനോടങ്ങ് താതാമ്യുള്ളൂ അതിനെ താതന്നെയാതിരിക്കാൻ ഒക്കത്തില്ല അതെൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ സുഖി ദുഃഖി വരും അത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആദ്യമുണ്ടായ അറിവ് പിന്നെ പോയി അവിടെ അവിടെ പുഷ്പജ്ഞാനമില്ല പിന്നെ സുഖിയും ദുഃഖിയുമായിട്ടുള്ള ജ്ഞാനേ ഉള്ളൂ നമ്മുടെ അനുഭവത്തിന് ഇങ്ങനെയാണ് ഇപ്പം മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഈ വിഷയങ്ങൾ ഗ്രഹിക്കാതിരിക്കുന്നതല്ല നമ്മുടെ തത്വജ്ഞാനവും വൃത്തി നിരോധവും പോലുള്ള സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം വൃത്തി നിരോധത്തിൽ ശ്രമിക്കുന്ന വിഷയത്തെ ഗ്രഹിക്കുന്നില്ല അത് വേണ്ട ഒന്നിനെ അറിയില്ല നമ്മൾ കണ്ണടച്ച് മനസ്സിനേകാഗ്രഹമാണ് ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല വൃത്തികളെ തന്നെ നിരോധിക്കുന്നു ഗ്രഹിക്കുന്ന വിഷയമില്ല അതിനെ തുടർന്ന് വരുന്ന രാഗദ്വേഷങ്ങൾ തത്വജ്ഞാനി പറയുന്ന അങ്ങനെയാണ് ഇത് ഗ്രഹിക്കുന്നതിൽ ദോഷമൊന്നുമില്ല എന്തുകൊണ്ട് ദോഷമില്ല കാരണം ഇത് ഇതിന്റെ ഭാഗമാണ് തദ്സൃഷ്ട ദൈവ അനുപ്രാപിച്ചത് ഈ അനുപ്രവേശം ചെയ്തിരിക്കുന്ന ജീവൻ ആരാണോ സൃഷ്ടിച്ചത് അത് തന്നെയാണ് ഇതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒന്നെന്റെ രണ്ടത് തമ്മിലുള്ള ചേർച്ചയിൽ ദോഷമൊന്നുമില്ല ഗുണാ ഗുണേഷു വർത്തന്തേ ഗിരി പറഞ്ഞതാണ് ഇന്ദ്രിയെങ്കിലും വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ ദോഷം അതെന്റെ സ്വഭാവമാണ് നാദത്തെ തസജിത് ഭാവം ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല അതിപുണ്യത്തെ സ്വീകരിക്കുന്നില്ല സ്വഭാവേന പ്രവൃത്തി അങ്ങനെ ധാരാളം ഈ കാര്യം വിധേ പറയുന്നുണ്ട് ഇത് വസ്തുസ്ഥിതിയാണ് സൃഷ്ടിയുടെ സ്വഭാവമാണത് ഈ വിഷയങ്ങളഗ്രഹിക്കാന്ന് പറയുന്നു പക്ഷേ അവിടെ നിന്ന് ജീവൻ അവിടെ നിൽക്കുന്നില്ല ജീവൻ ഒരു പടിയുടെ മുമ്പോട്ട് കിടന്നിട്ട് തന്റെ അന്ധകരണത്തിൽ തന്നെ ഈ വിഷയഗ്രഹണത്തെ തുടർന്ന് ഒരു അനർത്ഥ പരമ്പരയെ സൃഷ്ടിക്കും രാഗദ്വേഷാദികളെല്ലാം സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ സ്വച്ഛമായ ജ്ഞാന അത് മറിഞ്ഞു ഇതിനെ തന്നെ വേർതിരുത്തി പറയുന്ന പ്രതിബോധ വിജിതം വിഷയത്തെ ഗ്രഹിക്കുന്നിടത്ത് കേവല ബോധമാണ് പ്രകാശിക്കുന്നത് ഇവിടെ രണ്ടാമതൊന്നുമില്ല അവിടെ ഇത് പ്രതിബോധവിരുദ്ധമായിരുന്നു പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു അന്നത്തെ പരമ്പര അതിനെ മറയ്ക്കുന്നു മൂടിക്കളയുന്നു അതെന്താണ് ഈ രാഗദ്വേഷ പരമ്പര ഉടനുണ്ടാകുന്നു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതാണ് മായ എന്നെല്ലാം പറയുന്നു അത് പിന്നെ എന്തൊക്കെ ചെയ്യും ഉടനെ ഇതിനോടെല്ലാം താതാത്മ്യം ആ സ്വച്ഛമായ ജ്ഞാനത്തെ അത് മറയ്ക്കുന്നു സംസാരം എന്ന് പറയുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ആഹാര ശുദ്ധി വേണം ജ്ഞാനത്തിൽ ശുദ്ധി വേണം ജ്ഞാനശുദ്ധി അത് വേണം ജ്ഞാനശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ വളരെ സ്പഷ്ടമാണ് വിഷയങ്ങളെ ഗ്രഹിക്കാം അത് ഗ്രഹിക്കേണ്ട പ്രത്യേകിച്ച് യത്നം സഹജമായി സംഭവിച്ചോളൂ പക്ഷെ അതിനെ തുടർന്ന് അനുകൂല പ്രതികൂലഭാവങ്ങളെ മനസ്സ് സൃഷ്ടിച്ച് അന്ധക്കരണം അതിൽ രാഗദ്വേഷാദി പരമ്പര ഉണ്ടാകരുത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് ആഹാര ശുദ്ധിയായി ആഹാരം എന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനശുദ്ധി അവിടെ ജ്ഞാനം പറയുന്നില്ല ജ്ഞാനം തന്നെ സ്വച്ഛമായ നിലയിൽ തന്നെ നയിക്കുന്നു മുമ്പിലിരിക്കുന്ന പ്രസ്തവമാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം പ്രസവം മുമ്പിലിരിക്കുന്നു താൻ ജാഗ്രതത്തിലാണ് ഇന്ദ്രിയവും മനസ്സും ചേരുന്നു ഞാനും ഉണ്ടാകുന്നു ദോഷമൊന്നും ഇത് അനുകൂലമായി തോന്നി ഇത് എന്റേതാണെന്ന് തോന്നി ഇതിൽ ഞാൻ അവകാശം സ്ഥാപിച്ചു വരുന്നു ഉടനെ രാഗദ്വേഷങ്ങളായി അതൊക്കെ പിന്നീട് സംഭവിക്കുന്നതാണ് അന്ധഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് പിന്നെ ഈ ജ്ഞാനവും അവിടെ ഇല്ല പുസ്തക ജ്ഞാനമേ അവിടെ മറഞ്ഞുപോയി അത് അശുദ്ധിയായി ജ്ഞാനത്തിലെ അശുദ്ധിയായി അപ്പൊ അതെങ്ങനെ ഉള്ളിൽ സംഭവിക്കുന്നെന്നാണ് പറഞ്ഞത് ഈ പറയുന്ന കാര്യം വരെ വളരെ ലളിതമാണ് എന്താണ് ഈ പ്രപഞ്ചബോധത്തിൽ അതിനെ തുടർന്ന് അന്ധക്കേണത്തിൽ രാഗദ്വേഷങ്ങൾ ആ വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാവരുത് ഉണ്ടാക്കരുത് എന്നർത്ഥം അതിനനുവദിക്കരുത് അതെങ്ങനെ അനുവദിക്കാതിരിക്കാൻ കഴിയും കാരണം രണ്ടാമത് ജീവൻ അഹംഭാവത്തോടുകൂടി സൃഷ്ടിച്ചെടുക്കുന്നതാണ് ആദ്യത്തേത് സഹജമാണ് വിഷയജ്ഞാന് വിഷയവിജ്ഞാനം സ്വയം അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞല്ലേ നാം നിസ്സംഗനായിരിക്കുന്നു ഏതെങ്കിലും കാരണവശ വിഷയജ്ഞാനം ഉണ്ടായാലോ അനുകൂല പ്രതികൂലങ്ങളൊന്നും നിരന്തരങ്ങൾ വിഷയങ്ങളൊക്കെ ഇരിക്കുന്നു ഏതൊക്കെ വിഷയങ്ങളാണെന്ന് തന്നെ നമുക്കറിയാം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എവിടെയാണോ അനുകൂല പ്രതികൂലഭാവം വരുന്നത് ഉടൻ അത് തൻ്റെതാകുന്നു ഉടൻ എന്താ കാരണം ആ ജ്ഞാനത്തെ തന്നെ മറിച്ചു കളയുന്നു പ്രതിബോധവിരുദ്ധമായിരിക്കുന്ന ആ ജ്ഞാനത്തെ ഈ രാഘുദ്വേഷൻ മറയ്ക്കുന്നു അത് രണ്ടാമത് സംഭവിക്കുന്നതാണ് രണ്ടാമത് മൂന്നാമതും അങ്ങനെ സംഭവിക്കുന്നതാണ് രാഗദ്വീഷാദികളുണ്ടാകുക അതിനോട് തഥി വരിക അതെന്റേതാകുക പിന്നെ തുടർന്ന് ദുഃഖിക്കുക ഇതെല്ലാം വിഷയവും ജ്ഞാനവുമായി മനസ്സ് കിടന്ന് കലങ്ങുക വിഷയവും മനസ്സിനുള്ളിൽ തന്നെ വരുന്നു ബാഹ്യനിമിത്തത്തിനും അതിനെ തുടർന്നുന്ന ജ്ഞാനത്തിനും അവിടെ ഒരു സ്ഥാനമില്ലാതെ വരുന്നു ഇവിടെ പറയുന്ന എന്താണ് ആഹാരശുദ്ധി വേണം ജ്ഞാനശുദ്ധി വേണം ജ്ഞാനത്തിൽ ഈ തുടർന്ന് വരുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല ജ്ഞാന മനസ്സിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തുവേണം അവിടെ അതിനെ സംബന്ധിച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങൾ അതിനെ തുടർന്ന് വരുന്ന താതാമ്യം സുഖദുഃഖസങ്കല്പങ്ങൾ അങ്ങനെ തൊഴിൽ നിന്ന് സുഖ ദുഃഖ അനുഭവങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം അത് അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പുഷ്പത്തെ കാണുന്നു അത് അനുകൂലമായി തോന്നുന്നു അത് എന്റേതാണെന്ന് തോന്നുന്നു അത് എനിക്കാകണമെന്ന് ആഗ്രഹിക്കുക ഉടനെ അതിന് തടസ്സം വരിക പിന്നെ ദുഃഖം വരിക പ്രാപിക്കുക സന്തോഷം വരിക ഇത്തരം ഇതിനെല്ലാം കാരണമായിരിക്കുന്ന മാനസിക ഭാവനകൾ ഒഴിവാക്കുക തത്വജ്ഞാനിയുടെ നില അതാണ് അദ്വേഷ്ഠനകാംഷതി നീ പറഞ്ഞു ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് ഗ്രഹിക്കുന്ന വിഷയത്തെ പക്ഷേ ആ മനസ്സ് അനുകൂല പ്രതികൂല ഭാവങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് തുടർന്ന് രാഗദ്വേഷങ്ങൾക്ക് അവിടെ അവസരം ഉണ്ടാക്കുന്നുണ്ട് അതിനോടൊന്നും ഞാനെന്ന് താതാന്യപ്പെടുന്നില്ല സുഖിക്കുന്നില്ല ദുഃഖിക്കുന്നില്ല അതാണ് ആഹാരശുദ്ധി എന്ന് പറയുന്നത് ഇതിനെ തന്നെ വേറെ ഭാര്യപ്പെടുന്നത് നിസംഗമായിരിക്കുന്നു അസംഗ ശസ്ത്ര ഇത് തന്നെയാണ് പറയുന്നത് ഇത് പിന്നെ ചെലുത്ത് പറയും അദ്വൈതത്തിനും പറയും സാക്ഷിഭാവത്തെ കാണുന്നു പറയുന്നു സാക്ഷിഭാവത്തിൽ കാണുന്നു പറയുന്നു വിഷയങ്ങൾ മുമ്പിലുണ്ട് അതിനഗ്രഹിക്കുന്നു പക്ഷെ തുടർന്ന് അനുകൂല പ്രതികൂല ഭാവങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച് അതിനോട് തതാന്യപ്പെട്ട് ഈ സുഹുഖാനുഭവത്തിൽ നിൽക്കുക ആ ജ്ഞാനത്തിന്റെ സ്വച്ഛതയും പറഞ്ഞു ജ്ഞാനം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിന് പോരായ്മയില്ല വരത്തില്ല അത് പൂർണമാണ് അതിനെക്കുറിച്ച് പറയുന്ന സ്വയം പ്രകാശമൊന്നാണ് അത് സദാ സ്വച്ഛമായി പൂർണ്ണമായി സ്വയം പ്രകാശിച്ചു തന്നെ ഇരിക്കുകയാണ് അല്ലെ അതിന് നിത്യശുദ്ധ ബുദ്ധ മുക്തമെന്നെല്ലാം പറയുന്നത് അതിൻ്റെ പൂർണ്ണതയെ നശിപ്പിക്കാനാണ് ആർക്കും സാധിക്കും ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തിൽ തന്നെയാണ് ഈ വിഷയഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആ ജ്ഞാനത്തിൻ്റെ പൂർണതയിലാണ് പക്ഷെ ഇവിടെ അതിനെ തുടർന്ന് വരുന്ന അജീവ താതാത്മ്യം ഇതോടുള്ള അഹന്താ അത് സൃഷ്ടിക്കുന്നതാണ് ഈ ജ്ഞാനത്തിൽ വരുന്ന അശുദ്ധി അതാണ് ജ്ഞാനത്തിൽ അശുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുദ്ധമായിരിക്കുന്ന ഞാനത്തിൽ എങ്ങനെ അശുദ്ധി അതങ്ങനെ സംഭവിക്കും അപൂർണതയിൽ എങ്ങനെ അശുദ്ധി വരും എങ്ങനെ വരും എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അശുദ്ധി അനുഭവമാണ് സ്വാനുഭവമാണ് അശുദ്ധി അതെങ്ങനെയും വരാം പൂർണതയിൽ അപൂർണത സ്വ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു പിന്നെ അതിൻ്റെ പിന്നിൻ്റെ യുക്തി അന്വേഷിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് വാഷികാരം പറയുന്നത് മായയാണ് അങ്ങനെ സംഭവിക്കുന്നത് വേറെ സമാധാനം പറയാനില്ല സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മായ എന്നല്ലാതെ എന്താ വിളിക്കുന്നു ഇന്ദ്രജാലം എന്നേ പറയാൻ പറ്റും അപ്പൊ അതിന്ദ്രജാലം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദ്രജാലം കാരണം ആ ഇന്ദ്രജാലത്തെ പിൻവലിക്കാനും കഴിയും അവന് പറയുന്നു മുക്തിയെ കുറിച്ച് പറയുന്നു അതിൽ നിന്നുള്ള മോചനം ഈ രാഗദ്വേഷാദികളുടെ നിർമ്മാർജ്ജനം അതാണ് ശുദ്ധി നിർമ്മാർജ്ജനം എന്ന് വെച്ചാൽ മനസ്സിനെ അതിന് കൊടുക്കാതിരിക്കുക അതേ അത് വരാതിരിക്കുക അതുകൊണ്ടിവിടെ പ്രത്യേകം പറയുന്നു വിഷയ ഉപലബ്ധി ലക്ഷണസ്യ വിജ്ഞാനസ്യ എന്ന് പറയുന്നു വിജ്ഞാനം എന്ന് പറയുന്നത് വിഷയ ഉപലബ്ധി രൂപത്തിലുള്ള വിജ്ഞാനം പ്രപഞ്ചാനുഭവം അതാണ് വിഷയോപലബ്ധി രാഗദ്വേഷാദികളുടെ അനുഭവം വിഷയോപലബ്ധിയാണ് അതിനെന്നെ പറയുന്നത് പ്രത്യേകം പറഞ്ഞെന്താണ് ശബ്ദാദി വിഷയവിജ്ഞാനം ഏതൊരു വിഷയങ്ങളാണോ നമ്മുടെ ഉള്ളിൽ ഈ ബോധത്തെ ഉണ്ടാക്കുന്നതിന് നിമിത്തമായി ീക്കുന്നത് അതാണ് ശബ്ദം അത് ഭോക്തൃഭോഗ്രിയതേ ആ ജീവൻ തന്റെ അനുഭവത്തിന് വേണ്ടി ആ വിജ്ഞാനത്തെ നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജീവനില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ആർക്കെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ ഗാഠനെതിരെ നിന്നും ഉണർന്നു ഉണരുമ്പോ എന്താ പക്ഷി ചെലക്കുന്ന ശബ്ദം കേൾക്കുന്നു കണ്ണു തുറന്ന സൂര്യന്റെ പ്രകാശം കാണുന്നു ഇത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതാണ് വിഷയവിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശുദ്ധി ആഹാരശുദ്ധി അതില് ശുദ്ധി വരണം അതിലെവിടെ അശുദ്ധി അതിൽ അശുദ്ധിയില്ലല്ലോ പക്ഷെ അതിനെ തുടർന്ന് അശുദ്ധി വരുന്നു ആഗ്രഹത്തെ തുടർന്നാണ് പിന്നീട് മനസ്സ് കലങ്ങുന്നത് വാശുദ്ധി എന്താണ് രാഗദ്വേഷ മോഹദോഷയിൽ അസംസൃഷ്ടം വിഷയവിജ്ഞാനം പറയുക ഈ വിഷയവിജ്ഞാനത്തിൽ തന്നെയാണ് ശുദ്ധി വരേണ്ടത് അല്ല ആത്മവിജ്ഞാനത്തിലല്ല എന്തുകൊണ്ട് ഈ വിഷയവിജ്ഞാനം പരമപരിശുദ്ധമാണ് ഈ അശുദ്ധി വരാതിരുന്നു കഴിഞ്ഞാൽ പ്രതിബോധവിദിതം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം പറയുന്നത് എന്താണ് രാഗദ്വേഷസംസൃഷ്ടം ഈ ദോഷങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത വിഷയപ്ഞാണ് എന്ന് പറയുന്നത് അപ്പൊ ആ വിഷയവിജ്ഞാനം നിന്നോട്ടെ ദോഷമൊന്നുമില്ല ഈ തുടർന്ന് ഇതിൽ രാഗദ്വേഷാദികൾ വരാതിരുന്നാണ് എന്തായി വിജ്ഞാനശുദ്ധി അവിടെ സംഭവിച്ചു അങ്ങനെ വിജ്ഞാനശുദ്ധി സംഭവിച്ചു കഴിഞ്ഞ പിന്നെ ശ്രുതിയുടെ ആവശ്യം എന്തോ സ്വരൂപ ബോധത്തിന് എന്താ പ്രസക്തി അതിനടുത്ത് പറയുന്നു സത്യാം ആഹാര ശുദ്ധ സത്യം തദ്വുന്തനൈർമ്മല്യം അവിസ്മരണം അങ്ങനെ ഒരു മനസ് കിട്ടുകയാണെങ്കിൽ രാഗദ്വേഷ ഓരോ വിഷയവിജ്ഞാനത്തെയും തുടർന്ന് രാഗദ്വേഷാദികൾക്ക് അടിമപ്പെട്ടു പോകാത്ത ഒരു മനസ്സ് അങ്ങനെ ഒരു മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹാരശുദ്ധി ജ്ഞാനശുദ്ധി തദ്വത് അന്തക്കരണസ്യ ഈ ജ്ഞാനം അന്തക്കരണമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു മനസ്സാണെന്ന് പറഞ്ഞു മനസ്സ് തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ ജ്ഞാനമയമായ മനസ്സ് വിജ്ഞാനമയമായ മനസ്സെന്ന് പറയും ആ മനസ്സിൽ ഇങ്ങനെ രാഗദ്വേഷാദികളെല്ലാം ഒന്നും ഉണ്ടാകാതിരുന്നില്ല ഞാൻ നൈർമല്യം ഭതി അത് ശുദ്ധമാകുന്നു കണ്ണാടി ശുദ്ധമാകുക എന്ന് പറഞ്ഞാ അസ്വദീയ ശുദ്ധം തന്നെയാണ് പിന്നെ ശുദ്ധമാകാന്ന് പറഞ്ഞാൽ അതിലഴുത്ത് ഇരിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ശുദ്ധി എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഒരു നമുക്ക് ആദാനം ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന്റെ സ്വഭാവമാണ് സ്വച്ഛത നിർമ്മലത അത് കണ്ണാടിന്റെ സ്വഭാവമാണ് അങ്ങനെ സ്വച്ഛത നിർമ്മലത ഉള്ളതിനെ നമ്മൾ തിർക്കണോന്ന് പറയും പ്രതിബിംബക്ഷമത അതാണ് അതിന്റെ സ്വച്ഛത ഏത് പ്രതിബിംബത്തെയും അനുഗ്രഹിക്കും വീണ്ടും പറയുന്നു അതിനെ സ്വച്ഛമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിൽ അഴുക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറച്ചു കളയും അതുപോലെ മനസ്സ് സ്വയം ശുദ്ധമാണ് സ്വയം വിശുദ്ധമാണത് എന്തുകൊണ്ടത് ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ പ്രകാശം തന്നെയാണ് മനസ്സ് മണ്ഡുങ്ങ പറഞ്ഞില്ലേ അത് തുരിയിന്റെ സ്പന്ദനമാണ് എന്ന് പറഞ്ഞു മനസ്സെന്ന് പറയുന്നത് അതിന് തുരിയിൽ നിന്ന് വേറെ നിൽക്കാൻ പറ്റത്തില്ല സ്വച്ഛമാണ് അതിന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അതിന് അഴുക്ക് പറ്റിയ ആ തുടച്ചുള്ളയാണ് രാഗദ്വേഷാദി അസംസൃഷ്ടം വിഷയവിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു അത് സ്വച്ഛമായി പരിശുദ്ധമായി യോഗ്യമായി ഈ യോഗ്യതയ്ക്ക് മുമ്പ് വരുന്ന യോഗ്യത ആഹാരശുദ്ധിയും മറ്റും കൊണ്ടുവരുന്ന യോഗ്യത അത് പറഞ്ഞു എന്താണ് ആ യോഗ്യത എന്ന് പറയുന്നത് മനസിന്റെ ഉപാധികളാണ് മനസ്സിലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതെന്തുകൊണ്ടാണെന്നും പറഞ്ഞു കാരണം മനസ്സ് സൂക്ഷ്മമാണ് ആഹാരാദികൾ സ്ഥൂലമാണ് ഇപ്പൊ പരസ്പരം കലരാൻ നോക്കത്തില്ല തിരിച്ചു പോകാൻ പറ്റത്തില്ല സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്ക് ചേരണമെങ്കിൽ സ്ഥൂലല്ലാതാകുന്നു ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് ആഹാരശുദ്ധിയുടെ തന്നെ അതുവരെയുള്ളൂ അതാണ് പറയുന്ന ഒരു സാധനയുടെ സാധകന്റെ പ്രാരംഭസ്ഥിതിയാണ് അത് ആഹാര ശുദ്ധി കൊണ്ടുവരുന്ന ശുദ്ധി ഇത് ഉച്ചസ്ഥിതിയാണ് അന്ധക്കരണത്തിൽ വന്നുചേരുന്ന ഈ രാഗദ്വേഷാദികളെ വരാൻ അത് അനുവദിക്കാതിരിക്കുക അനുകൂല പ്രതികൂല ഭാവങ്ങളൊക്കെ ഉണ്ട് മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ സ്ഥായിയായി നിൽക്കാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ട് അതിന്റെ സ്വഭാവം പരിണമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ പറയാതിന് സ്ഥിരപരിണാമം വേണമെന്ന് പറയും ഒരേ രൂപത്തിലുള്ള പരിണാമം ഏകതാനത്ത്വന്ന് പറയും അപ്പം അവിടെ ഒരേ രൂപത്തിലുള്ള പരിണാമമാവും ഇതങ്ങനെയുള്ള പല രൂപത്തിലും രാഗദ്വേഷാദികളുടെ ആ പരിണാമത്തെ ഒഴിവാക്കിയാൽ സസ്യം ആഹാരശ്ദു സത്യം ഇവിടെ ഭാഷകാരൻ ആഹാരമെന്ന് പറയുന്ന ഭാഷയ്ക്ക് ഒരു നിയമമുണ്ട് അതൊരു ശബ്ദത്തിന്റെ പ്രസിദ്ധമായ മുഖ്യമായ അർത്ഥത്തെ സാധനഗതി ഉപേക്ഷിക്കാൻ പാടില്ല അത് ശാസ്ത്ര മര്യാദയുടെ ഉല്ലംഘനമാണ് പ്രസിദ്ധാർത്ഥത്തെ സ്വീകരിക്കുക എപ്പോ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ശബ്ദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അർത്ഥം പറയുമ്പോ സാഹിത്യത്തിന് മറ്റും അപ്രസിദ്ധമായ അർത്ഥത്തെ സ്വീകരിക്കുന്നത് ദോഷമായിട്ട് പറയും സാഹിത്യത്തിന്റെ ഗുണദോഷ വിചാരം ചെയ്യും പക്ഷെ അതിന് പരിഹാരം എന്താണ് പ്രസിദ്ധമായ അർത്ഥത്തെ സ്വീകരിക്കുന്നിടത്ത് എന്തെങ്കിലും അസാംഗത്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയ്യുക താല്പര്യത്തെടുക്കുക മറ്റു ഭാഗങ്ങളിൽ ലക്ഷണമെന്ന് പറയും ഭാഷയകാരം പറയും താല്പര്യം എന്ന് പറയും അങ്ങനെ സ്വീകരിക്കുക എന്തുകൊണ്ട് ആ വാറ്റിയാർത്ഥത്തെ സീരിയാനിവിടെ പറ്റുന്നില്ല ആഹാരം എന്നുള്ളതിന് ആഹാരം എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റത്തില്ല ആഹാരം എന്നുള്ള അർത്ഥം എടുത്താൽ എന്താ അങ്ങ് പിറകിലേക്ക് പോകേണ്ടി കഴിക്കുന്ന ആഹാരം അതിവിടെ അത് ഈ ശ്രവണാദികൾക്ക് മുമ്പുള്ള കാര്യമാണ് അവിടെയാണ് ഈ ആഹാരശുദ്ധി വേണ്ടത് അവിടെ അത് ആരംഭിക്കേണ്ട കാര്യമാണ് ഇനി അത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആഹാരശുദ്ധി എന്നുള്ള അർത്ഥത്തിൽ പ്രസിദ്ധാർത്ഥത്തെ പരിത്യജിച്ചിട്ട് ഇവിടെ താല്പര്യത്തെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ആ ശ്രവണാദിയുടെ കാലഘട്ടത്തിൽ ആഹാരം എന്ന് പറയുന്ന വിജ്ഞാനശുദ്ധിയാണ് ആ വിജ്ഞാനശുദ്ധി കൊണ്ട് അന്തൊക്കെ സത്വ സി ശുദ്ധേ അന്തൊക്കെ സത്വശുദ്ധി സത്വം എന്ന് വെച്ചാൽ എന്തൊക്കെ സാധാരണ പറയുന്നതാണ് മനസ്സ് പൊതുവെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിത്തം ബുദ്ധി ഇങ്ങനെയൊക്കെ പറയുന്ന സാങ്കേതിക വേദാന്തത്തിലേക്ക് പോകരുത് പൊതുവെ അന്ധക്കരണമെന്നോ മനസ്സൊന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം ഗ്രഹിച്ചാൽ മതി മനസ്സ് സാങ്കേതികത്വത്തിൽ പോയി കഴിഞ്ഞാൽ അത് വശക്കുഴപ്പുണ്ടാകും എല്ലായിടത്തും ആവശ്യമില്ല ഇതൊക്കെ തുടക്കത്തിലാണ് അതിന്റെ ആവശ്യം വരുന്നത് കണക്ക് പിടിക്കുന്നുവന്റെ വരൊന്നൊന്ന് ഈരണ്ട് രണ്ട് എന്ന് പറയുന്ന എഞ്ചു കൂടി അത് ആവശ്യമുണ്ട് പക്ഷെ തുടക്കത്തിൽ എന്നും അതിലാണോ കണക്ക് കഴിക്കുന്നത് അതുപോലെ മനസ്സിന്റെ നൈർമല്യം ബോധി സത്വശുദ്ധോ സത്യം യഥാപകത്തെ ഭൂമാനി ധ്രുവ വിഛിന്ന അവിസ്മരണമാണ് ആ വിഷയജ്ഞാനം തന്നെ സ്വദേശുദ്ധമാണ് പരിശുദ്ധമാണ് പക്ഷെ ഇവിടെ അത് കൂടുതലായി പറയുന്നു ഭൂമവിദ്യയെക്കുറിച്ച് ആ ജ്ഞാനം പരിശുദ്ധമാണെങ്കിലും പറഞ്ഞല്ലോ സർവവും അനുഭവശാലികളാണ് സർവ്വജീവന്മാരും എന്നാലും എല്ലാവരും ബന്ധനത്തിലുമാണ് മുക്തിയിൽ നിന്നാണ് ബന്ധനത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് പറയുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും സ്വസ്ഥിതിയിൽ നിന്നാണ് ഭ്രംശം സംഭവിക്കുന്നത് അല്ലെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ടോ സ്വം അപീതോ അംസ്വസ്ഥിതിയിലായിരുന്നു അവിടെ നിന്നൊരു ഭ്രംശം സംഭവിച്ചാണ് ഈ അനുഭവിക്കുന്നത് ഈ ജാഗ്ര പിന്നെന്തായിരുന്നു സ്വരൂപസ്ഥിതിയിലായിരുന്നു ഘോഷികാരനത് പറഞ്ഞു അതുപോലെ തന്നെ സർവത്ര ഉണരുന്നതും ഇവിടെ ഈ സ്വരൂപസ്ഥിതി തന്നെയാണ് ഉണരുന്നത് പക്ഷെ ആ ഉണർവിൽ വീണ്ടും ബന്ധനത്തിലേക്ക് പോകും അവസരസ്ഥിതിയെ കൈവിടാതെയാണ് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഒരിക്കലും ബന്ധനത്തിൽ അകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു താല്പര്യത്തിനാണ് നവാ വിശുദ്ധ വിജ്ഞാനം ആ വിജ്ഞാനത്തിൽ തന്നെയാണ് ഈ രാഗദ്വേഷാദികൾ കടന്നത് അത് ശുദ്ധിരുന്നാരം വല്യംഭവതി രാഗദ്വേഷാദികളവിടെ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ അത് വിശുദ്ധമായി നില പക്ഷേ ഗുരുവേണം ഉപദേശം വേണം ശ്രുതി വേണം അത് ബോധിപ്പിക്കുന്ന എന്താണ് ഇതാണ് നിന്റെ സ്വരൂപം ഭൂമിവിദ്യ പറയുന്നു ഭൂമാവൈസുഖം നാരദനൂടെ വേണ്ടത് ജ്ഞാനമൊന്നുമല്ല സുഖമാ വേണ്ടത് കാരണം ജ്ഞാനമൊക്കെ ഇതിനകം നേടിക്കഴിഞ്ഞു ഒരുപാട് ജ്ഞാനം അതിന്റെ ആദ്യം പറഞ്ഞു സർവശാസ്ത്രവും നേടിയവനാണ് പക്ഷെ സുഖമുണ്ട് അപ്പോ ഈ ജ്ഞാനത്തിന്റെ വിശുദ്ധിയാണ് പരമമായ സുഖം അവിടെ ഒരു സുഖം കടന്നു വന്നാൽ അത് അശുദ്ധമാവും എങ്ങനെയാണ് ദുഃഖം കടന്നു വന്നാൽ അത് അശുദ്ധമാകുന്നത് അതുപോലെ സുഖം കടന്നു വന്നാൽ അത് അശുദ്ധമാണ് അവിടെ രണ്ടാമതൊന്നും വരാൻ പാടില്ല അവിടെ ജ്ഞാനവും സുഖവും ആനന്ദവും ഉണ്മയും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ അവിടെ സുഖം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അസ്വസ്ഥമാവും അടുത്തൊരു ദുഃഖത്തിന് നിമിത്തമായിരിക്കും ആ ശുദ്ധിയെക്കുറിച്ച് അവിടെ പറയുന്നു സത്വശുദ്ധവും അവിടെ ബോധിപ്പിക്കുന്നു ശ്രീ ബോധിപ്പിക്കുന്നു ഇതാണ് നിന്റെ സ്വരൂപം എന്തുകൊണ്ടങ്ങനെ ബോധിപ്പിക്കേണ്ടി വന്നു അവിടെ തന്നെ ഈ രാഗദ്വേഷങ്ങൾ വന്ന് മറ്റു പലതിനെയും താനായും തന്റേതായ ഗ്രഹിച്ചുപോയി അപ്പോൾ രാഗദ്വേഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് വെച്ചാൽ ഈ ബോധങ്ങളെ തന്നെ അവിടെ ഈ ജ്ഞാനത്തോട് വന്ന ജീവന്റെ താതാത്മ്യം വന്ന ദോഷങ്ങളെ രാഗദ്വേഷാദികളവിടെ നിന്ന് പരിഹരിക്കുക അതീ ഉപദേശം കൊണ്ടിവർ അപ്പം നിന്റെ ഈ പരിച്ഛന്നമായ ഭാവമല്ല ജീവഭാവമല്ല നി ഭൂമാവാണ് സ്വയം സുഖസ്വരൂപനാണോ എന്നിങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്നു ശരി അങ്ങനെ ശ്രുതി ബോധിപ്പിച്ചൊന്നിരിക്കട്ടെ ഗ്രഹിക്കുന്നുണ്ട് കാരണം അത് ഗ്രഹിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് ആത്മബോധമെന്ന് പറയുന്നത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമില്ല എന്തുകൊണ്ട് അത് സ്വസിദ്ധമാണ് ജാഗ്രത തന്നെ പൂർണ്ണമായും അതാണ് പക്ഷെ അതിലേക്ക് മാലിന്യങ്ങൾ വരുന്നത് അവിടെയാണ് പ്രയാസം ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നിടത്താണ് യത്നം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം പറയുന്നു ഇവിടെ പറയുന്നു യഥാപകത്തെ ഭൂമാത്മന് ധ്രുവ അപച്ഛിന്ന അവിസ്മരണം ഭവതി അവിടെ ധ്രുവ സ്മൃതി എന്ന് പറയുന്നു ധ്രുവമായ സ്മൃതി വരുന്നു എന്നാണ് സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നു ഓർമ്മ ഓർക്കുന്നു എന്നാണ് പക്ഷെ ഇവിടെ സ്മൃതിക്ക് ഭാഷകാരൻ ഓർക്കുക എന്നുള്ള അർത്ഥം എന്താ പറഞ്ഞത് സ്മൃതി മറിച്ച് പറഞ്ഞിരിക്കുന്ന അവിസ്മരണം എന്നാണ് ഓർക്കുക എന്നുള്ളതല്ല രണ്ടും രണ്ടാണ് ശ്രുതി അന്നങ്ങൾ ആചാര്യനെ എന്താണ് ബോധിപ്പിക്കുന്നത് ഒന്നിനെ ബോധിപ്പിക്കുക എന്ന് പറയുമ്പോ ശ്രവണം അന്നങ്ങളൂടെ അവൻ ബോധിക്കുന്നു അപ്പൊ തീപ്പെട്ടിയോ ഉരയ്ക്കുക പിന്നീട് പ്രകാശത്തെ കാണുക അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നു ഇപ്പോഴാണോ അഗ്നി ജ്വലിക്കുന്നത് അപ്പോൾ തന്നെ അതിനെ കാണും അഗ്നിയുടെ ജ്വലന ഒരു സമയം പിന്നീട് അതിൻ്റെ പ്രത്യക്ഷ രണ്ടാമത് അങ്ങനെ സംഭവിക്കത്തില്ല എന്തുകൊണ്ടത് അഗ്നിയുടെ സ്വഭാവമാണ് അതിനു ഗ്രഹിക്കുന്ന ഇന്ദ്രിയത്തിന്റെ സ്വഭാവമാണോ അങ്ങനെ സംഭവിക്കാറുണ്ട് അഗ്നി മുമ്പിൽ ജ്വലിക്കുക പിന്നെ രണ്ടാമത് അതിനെ ഗ്രഹിക്കുക ഒരു നിമിഷം കഴിഞ്ഞു അതല്ല എപ്പോഴാണ് പ്രകാശം ആവിർഭവിക്കുന്നത് ഏകകാലത്ത് തന്നെ നല്ല ഗ്രഹണം സംഭവിക്കുന്നത് അത് പ്രകാശം ഇന്ദ്രിയം മനസ്സ് ഉള്ളിലിരിക്കുന്ന ചൈതന്യം പുറമേ ഉള്ള ചൈതന്യം ഇതിന്റെ എല്ലാം സ്വഭാവം അങ്ങനെയാണ് ആത്യന്തികമായി ഇതൊക്കെ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടു അതുപോലെ ശ്രവണ മനന ബോധിപ്പിക്കുന്നു ശ്രുതി ബോധിപ്പിക്കുന്നു ബോധിക്കുമ്പോൾ തന്നെ എന്നെ ഗ്രഹിക്കുന്നു ഗ്രഹണം സംഭവിക്കുന്നു അല്ലേ പുഷ്പത്തെ കാണുമ്പോൾ തന്നെ ഗ്രഹിക്കുന്നു പുഷ്പമാണ് കാണുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നു തന്നെ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞാൻ നടന്നുകഴിഞ്ഞാൽ എന്താണ് ഇന്ദ്രിയ സന്നികർഷം മനസ്സാന്നിധ്യം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നവിടെ രണ്ട് നിമിഷത്തിനടക്കാൻ രണ്ട് കാര്യങ്ങളില്ല അതുപോലെ തന്നെ ഭൂമവിദ്യ ഭൂമിനെ ബോധിപ്പിക്കുമ്പോഴും അത് ഗ്രഹിക്കുന്നു ശ്രവണ മരണങ്ങളിലെല്ലാം അത് ആഗ്രഹമാണ് പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുന്നു അതാ ഇവിടുത്തെ പ്രശ്നം ഭാഷകാലം പറയുന്നു അവിസ്മരണം സംഭവിക്കുന്നു ആ നഷ്ടപ്പെടുന്നതിനാണ് വിസ്മരണമെന്ന് പറയുന്നത് ബോധിച്ചതും നഷ്ടപ്പെടുക അതാണ് വിസ്മരണം എന്ന് പറയുന്നത് ബോധിച്ചത് നഷ്ടപ്പെടാതിരുന്ന അവിസ്മരണം അല്ല ഓർക്കുകയല്ല രണ്ടും രണ്ടു കാര്യമാണ് നമ്മൾ ആനയെ കണ്ട് പത്ത് വർഷം മുമ്പ് ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒരു ഓർമ്മ മനസ്സിലേക്ക് കിടന്നു വന്നു ആന എന്താണ് അവിടെ ഒരു അറിവുണ്ടായി ആ അറിവ് നഷ്ടപ്പെട്ട് ഇന്ന് വീണ്ടും അത് മനസ്സിൽ കിടന്നു ഇവിടെ അങ്ങനെ ഇവിടെ അത് അതാണ് മറ്റെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളാണ് ആനയും കുത്തിരില്ല താനല്ല അതിന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് കൈപിടുകയും വിസ്മരണവും സംഭവിക്കും ഇവിടെ എന്താ ഇവിടെ ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ് ആ സ്വസ്വരൂപത്തിന്റെ ബോധം അതിനൊരിക്കലും തന്നെ പിരിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല അത് മറന്നുപോയിട്ട് തിരികെ വരുന്നതാണ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട് മറക്കത് മറക്കാതിരിക്കുന്നതാണ് അങ്ങനെ പറയുന്നത് ദുർവാസ്മ അതിന്റെ അവിസ്മരണം ഉണ്ടെങ്കിൽ അത് വിസ്മരിക്കാതിരിക്കുക അത് കൈവിട്ടു പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥിതിയാണ് പറയുന്നത് ധ്രുവസ്ഥിതി എന്ന് പറയുന്നത് ധ്രുവസ്മൃസ്മൃതി എന്ന് പറയുന്നതാണ് അവിസ്മരണം അപ്പൊ എന്താ ഇവിടെ ഇപ്പോ തകരാറ് സംഭവിക്കുന്നത് എന്താ സംഭവിച്ചത് അവിടെ ആ ഉണ്ടായി പക്ഷേ രാഗദ്വേഷങ്ങൾ വന്ന് മനസ്സിനെ കലക്കി മനസ്സ് കലങ്ങിയപ്പോൾ ആ വിഷയജ്ഞാനം പോയി പുഷ്പം പോയി അവിടെ ആ സ്വച്ഛമായ ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ കലങ്ങനെയുള്ളു മനസ്സ് അതുപോലെ ശ്രുതി എന്താണോ ബോധിപ്പിച്ചത് സദൈവസ്വാമി തമഗ്രാസി തത്തുമസി ആ ജ്ഞാനോടെ ബോധിച്ചു ഗ്രഹിച്ചു അതിനു ബോധിപ്പിച്ചാൽ അതെല്ലാം മറ്റൊന്ന് ഗ്രഹിക്കാൻ പറ്റും നീ ആത്മാവാണ് നിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിച്ച വേറെന്താഗ്രഹിക്കുന്നു അതുതന്നെയാഗ്രഹിച്ചത് പക്ഷെ ഇവിടെ ഈ മനസ്സിൽ വരുന്നു ഇവിടെ പറഞ്ഞല്ലോ ആദ്യം രാഗദ്വേഷാദി ദോഷങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ രാഗദ്വേഷാദി ദോഷങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം തേടും അവിസ്മരണം സംഭവിക്കുന്നു വച്ചാൽ ബോധം കൈവിട്ട് പോകുന്നില്ല ദോഷങ്ങളുണ്ടെങ്കിലോ എന്ത് സംഭവിക്കും വിസ്മരണം സംഭവിക്കും ഈ വിസ്മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അജ്ഞാന സംശയ വിപര്യങ്ങൾ ഈ ബോധത്തെ മറിക്കും അവിടെ മറയ്ക്കുന്ന അതാണ് കാരണം ഇവിടെ തത്വനിഷ്ഠയാണ് സംഭവിക്കേണ്ടത് തത്വനിഷ്ഠയ്ക്ക് രാഗദ്വേഷാദികളെല്ലാം മുഖ്യമായും തകരാറ് ചെയ്യുന്നു അവിടെ തകരാറിയുന്ന അജ്ഞാന സംശയ വിര്യങ്ങളാണ് അതാണ് ഗ്രഹിച്ചു ഉപദേശം കേട്ടു പക്ഷെ അവിടെ സംശയം വരുന്നു അല്ലെങ്കിൽ എന്താണോ ഗ്രഹിച്ചത് അത് വിസ്മരിക്കുന്നു അതിന്റെയൊക്കെ അടിസ്ഥാന രാകത്ത് അധികം അല്ലെങ്കിൽ അതിനെ തന്നെ വിപരീതമായി ഗ്രഹിക്കുന്നു ഇതാണിവിടത്തെ വിസ്മരണം എന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടുവരുന്ന മനസ്സിൽ വരുന്ന കലക്കം ഇപ്പൊ തെളിഞ്ഞ മനസ്സിൽ തന്നെ വരുന്ന കലക്കം തുടർന്നു വരുന്നു ഇത് ഗ്രഹിച്ചതിന് ശേഷമാണ് സംഭവിക്കുന്നത് ഗ്രഹിക്കാ സംഭവിക്കുന്നതല്ല ഗ്രഹിച്ചാലേ സംഭവിക്കത്തുള്ളു മുമ്പിലൊരു വസ്തു കണ്ടു ഒരു തൂണ് അത് കണ്ടതിന് ശേഷമാണ് സംശയം എന്താണ് തൂണാണോ അതോ കള്ളനാണോ പിശാചാണോ അപ്പോ എന്തോ ഒന്നിനെ അവിടെ കണ്ടു ഒന്നിന്റെ ദർശനം അവിടെ ഉണ്ടായി ഉണ്ടായാലും പിന്നെ ഇതെല്ലാം സംഭവിക്കത്തുന്നു ദർശനം ഉണ്ടായില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചു അത് ദർശനം പൂർണ്ണമായില്ല കണ്ടു പക്ഷെ അത് തൂണാണെന്ന് ഉറച്ചു കണ്ടില്ല അതുപോലെ ഇവിടെ ആത്മവിഷയമായിട്ടുള്ള അജ്ഞാന സംശയ വിവരങ്ങൾ ആത്മബോധമുള്ളവർക്കേ ഉള്ളൂ അല്ലാത്തവർക്കില്ല അല്ലാത്തവർ ചിന്തിക്കാറില്ല അല്ലാത്തവരാരും ചിന്തിക്കാറില്ലല്ലോ ഈ ബോധം ഒരുവൻ്റെ ഉള്ളിലേക്ക് വരുമ്പോ പക്ഷെ അതിനെന്തോ അപൂർണതമാണ് അപൂർണതെന്ന് പറയുന്ന ഇതാണ് കാരണം ഈ ബോധം ഇതിനെ ബോധിപ്പിക്കുമ്പോൾ ഈ ബോധം വരുമ്പം തന്നെ ഇതോടൊപ്പം തന്നെ വിഷയവിജ്ഞാനമുണ്ട് ബോധം മാത്രമായിട്ടല്ല വിഷയവിജ്ഞാനത്തോടൊപ്പം എന്തുവരുന്നു രാഗദ്വേഷാദികളും വരുന്നു അപ്പൊ മനസ്സിനെ ആ വിഷയവിജ്ഞാനം കൊണ്ടുവരുന്ന രാഗദ്വേഷാദികൾ മനസ്സിനെ കലക്കുന്നു മനസ്സിനെ കലക്കുമ്പോഴാണ് അവിടെ പറയുന്നത് ഈ തത്തുമാസി അഹംബ്രഹ്മാസി കലങ്ങി മനസ്സിൽ സ്വരൂപബോധം ഉണ്ടാകുമ്പോൾ അവിടെ അതിന്റെ തടസ്സങ്ങൾ എന്താണ് അജ്ഞാന സംശയകര്യങ്ങൾ വരുന്നത് ഇതാണ് തമ്മിലുള്ള പരസ്പര ബന്ധം വിഷയഗ്രഹണം കൂടാതെ സാധ്യമല്ല തത്വശ്രവണ മനങ്ങൾക്കും വിഷയഗ്രഹണം കൂടാതെ സാധ്യമല്ല ജാഗ്രത ഇല്ലാതെ സാധ്യമല്ല ഈ സമാധിയിലൊന്നും പറ്റത്തില്ല സുഷുത്തിൽ പറ്റത്തില്ല ജാഗ്രതത്തിലേ സംഭവിക്കത്തു പക്ഷെ ആ ജാഗ്രത് എന്ന് പറയുന്ന വിഷയഗ്രഹണ സ്വഭാവത്തിലാണ് ആ വിഷയഗ്രഹണം എന്ന് പറയുന്നത് രാഗദ്വേഷാദി ദോഷങ്ങളോടും കൂടിയിരിക്കുന്നു അവിടെയാണ് ഇവിടെ തത്വഗ്രഹണം സംഭവിക്കുന്നു മനസ്സ് വിഷയഗ്രഹണം കൊണ്ട് കലങ്ങിയിരിക്കുന്ന മനസ്സിൽ തത്വഗ്രഹണം സംഭവിക്കുമ്പോൾ അവിടെ അജ്ഞാനാദ്യ ദോഷങ്ങൾ വരും പറയും മറന്നുപോയി എന്തുകൊണ്ട് സംഭവിക്കുന്നു കഴിഞ്ഞ ദിവസ ചോദ്യത്തിനാണ് ഇന്ന് സമാധാനം പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് വിസ്മരിക്കുന്നു നമ്മളതിരിക്കുന്നു നമ്മളെ ഗ്രഹിച്ചിട്ട് വിസ്മരിച്ചെന്നല്ല ഗ്രഹിച്ചിട്ട് വിസ്മരിക്കുകയല്ല ആ ഗ്രഹണത്തിൽ അപൂർണത വന്നു അത്രയുള്ളു മാറ്റുക അപൂർണതയും നമ്മൾ വിസ്മരണമെന്ന് പറയുന്നു സാധാരണ നമ്മൾ ഓർമ്മിക്കുക മറക്കുക എന്ന് പറയുന്നവരല്ല ആനയെ കണ്ടു കണ്ടപ്പോൾ നേരെ ആനയായിട്ട് തന്നെ അഗ്രഹിച്ചത് ആ അറിവില് കുറവൊന്നും വന്നില്ല ആനയെ ആനയായിട്ട് തന്നെ അഗ്രഹിച്ചു െന്ന് ബോധ്യം വന്നു അതാണ് പിന്നെ മറന്നുപോയത് പൂർണമായി ഗ്രഹിച്ചിട്ട് പിന്നീട് മറന്നു പിന്നും ഓർക്കുന്നു ഇവിടെ അങ്ങനെയല്ല പൂർണ്ണമായാണ് ഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ മറവില്ല അതുപോലെ ഇവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നു പക്ഷെ ബോധിക്കുന്ന ഇവിടെ ഈ വിഷയഗ്രഹണത്തിൽ അതായത് ആഹാരശുദ്ധി വരാത്ത ശുദ്ധി വരാത്തത് അപ്പോൾ ഈ അനുകൂല പ്രതികൂലതകൾ കൊണ്ട് വിഷയ പ്രപഞ്ചബോധത്തിൽ രാഗദ്വേഷാദികളോടുകൂടിയിരിക്കുന്ന ഈ മനസ്സിൽ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ഗ്രഹിക്കുന്നേ ഇല്ല അതുകൊണ്ട് മറക്കുന്നുണ്ട് ശരിക്കും എന്നാൽ ഗ്രഹണം സംഭവിക്കുന്ന അത് അപൂർണമായിരിക്കും മനസ്സിന് സ്വച്ഛതയില്ല ആ സ്വച്ഛത വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വച്ഛത പറഞ്ഞു ഈ പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ എന്താണിത് ഈ ഗ്രഹണം അധികം രാഗദ്വേഷാധികം കിടം കൊടുക്കാതിരിക്കുക അത്രമാത്രം കുറഞ്ഞു വരുക അത്രയും കുറഞ്ഞു വരും ഇതാണ് തത്വജ്ഞാനത്തിന് തന്നെ അതുകൊണ്ടാണ് പറയുന്നത് പശുവാദിവിശ്വാശേഷജ്ഞനെ പോലെ തന്നെ തത്വജ്ഞാനം പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചബോധം പുഷ്പത്തെ പുഷ്പമായി തന്നെ ഗ്രഹിക്കുന്നു അഗ്നി അഗ്നിയായി തന്നെ ഗ്രഹിക്കുന്നു ശീതത്തെ ശീതമായി തന്നെ ഗ്രഹിക്കുന്നു ഉഷ്ണത്തെ ഉഷ്ണമായി തന്നെ ഗ്രഹിക്കുന്നു പക്ഷെ തുടരുന്നൊരു അജ്ഞന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നു അതുപോലെ സംഭവിക്കുന്നു അവിടെ എന്തു ചെയ്യുന്നു അയാളുടെ വിവേകം അയാളെ സഹായിക്കുന്നു പറയാം അവിടെ മനസ്സ് സ്വച്ഛമാണെന്ന് അവിടെ ശ്രവണ മനനങ്ങളിലൂടെയുള്ള ജ്ഞാനം സംശയാദി ദോഷങ്ങളില്ലാതെ പ്രകാശിക്കുന്നു ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലുള്ള വ്യവഹാരത്തെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് ആത്മതഹ പ്രാണ ആത്മത സ്മര ആവിർഭാവത്തിലോഭാവ് നമ്മൾ ഇതുകൊണ്ടാണ് ആചാര്യന്മാരും ശാസ്ത്രവും എല്ലാം എപ്പോഴും പറയുന്നതാണ് ചിത്തശുദ്ധി മനഃശുദ്ധി മനഃശുദ്ധി എന്നാവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് ധ്രുവം എന്ന് പറഞ്ഞാൽ അവിച്ചിന്നയ അവിനെന്താന്നത സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴക്കാർ എന്നാലും മറയ്ക്കുന്നു മഴക്കാറും മറയ്ക്കുമ്പോഴും സൂര്യന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല മഴക്കാരനെ പൂർണ്ണമായും മറയ്ക്കാൻ കഴിയില്ല അതിൻ്റെ തീവ്രത കുറയ്ക്കാനേ പറ്റൂ എന്തുകൊണ്ടത് സ്വയം പ്രകാശിച്ച് നിൽക്കുകയാണ് പൂർണ്ണപ്രകാശത്തിനിക്കുകയാണ് പക്ഷെ മഴക്കാർ മാറിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പ്രകാശിക്കും വീണ്ടും മഴക്കാർ വരുമ്പോൾ പ്രകാശിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആകാശം മൂടിക്കെട്ടിക്കിടക്ക് അപ്പോൾ അത് പൂർണ്ണമായും പ്രകാശിക്കത്തില്ല ഇതുപോലെ ജീവന്മാരുടെ മനസ്സ് ആ മനത്തിൽ ഈ തത്വ ശ്രവിക്കുമ്പോഴും അല്ലേ ചക്ഷേന്ദ്രിയ സൂര്യനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ മഴക്കാർ വന്നു കഴിഞ്ഞാൽ മേഘം വന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ തത്വത്തെ ശ്രവിക്കുമ്പോഴും ശ്രവണ മനനാദികൾ ചെയ്യുമ്പോഴും അവിടെ രാഗാതി ദോഷങ്ങൾ ഉയർന്നു വന്ന് അത് അവ്യക്തമാവും ഇവിടെ അജ്ഞാന സംശയ വിവരങ്ങൾ വരും അവിടെ വ്യക്തത ഒരു വ്യക്തത വരത്തില്ല അപ്പോ പ്രകാശിച്ചത് പക്ഷെ അവിടെ അവിഛിന്നമായിട്ടല്ല വിഛിന്നമായിട്ട് മേഘം വരുമ്പോ മേഘം മാറുമ്പോൾ പ്രകാശിക്കും ഏകാഗ്രമായി ശ്രദ്ധാപൂർവമായി തത്വത്തെ ശ്രവിക്കുമ്പോ അവിടെ രാഗദ്വേഷാദികൾ കടന്നു വരാൻ ഇടമല്ല അതുകൊണ്ടത് പ്രകാശിക്കുന്നു ബോധിക്കുന്നു പറയുന്ന എന്താണെന്ന് ബോധിക്കുന്നു ഇന്നതാണ് ബോധിക്കുന്നതെന്തുകൊണ്ട് അവിടെ സംശയം വിപരിയൊന്നും അവിടെ ഇല്ല മനസ്സിൽ പക്ഷെ വീണ്ടും ഇത് വിട്ട് തത്വഗ്രഹണത്തെ വിട്ടിട്ട് വിഷയഗ്രഹണത്തെ വരുമ്പോൾ അതിന്റെ സ്വഭാവമാണ് ഉടനത് അവിടെ രാഗദ്വേഷങ്ങളെ കൊണ്ടുവരും രാഗദ്വേഷങ്ങളെ കൊണ്ടുവരുമ്പോൾ ടയ്ക്ക് മഴക്കാർ വന്നതുപോലെയാണ് ആ പ്രകാശം മങ്ങും മങ്ങുന്നു ഉടനെ വീണ്ടും അവിടെ അജ്ഞാന സംശയവിഷങ്ങൾ വരുന്നു അപ്പോൾ പറയുന്നു ഞാനിതിനെ ഗ്രഹിച്ചെങ്കിലും മറന്നുപോയി നേടിയെങ്കിലും വിട്ടുപോയി ഇത് എന്ന് ബോധിച്ച് അപ്പോൾ എനിക്കൊരു ആത്മശാന്തി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി എന്നിങ്ങനെ തുടർന്ന് അനുശോചന്തി അത് സംഭവിക്കാതിരിക്കുന്നു എന്തുകൊണ്ട് ശുദ്ധി നാരുമല്യം ഭവതി സത്വശുദ്ധൂജ സത്യവും യഥാപകതെ ഭൂമാത്മനിന്ന് പറയുന്നത് അത് ബോധിക്കുമ്പോൾ എങ്ങനെ ബോധിക്കും എങ്ങനെ ബോധിക്കുന്നു ശ്രുതി നിന്ന് ബോധിക്കുന്നു വരവഴിയുന്നുമില്ല അത് ബോധിക്കുമ്പോൾ ധ്രുവ അവിച്ചിന്ന അവിസ്മരണം അവിടെ പിന്നെ വിസ്മരണം സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പറയുന്നതിനെങ്ങനെ ഓർത്തോർത്തിരിക്കുന്ന ഓർക്കാൻ ശ്രമിക്കുന്നതല്ല ഉണ്ടായ ഒരു ജ്ഞാനത്തെ അഭ്യാസം കൊണ്ട് ബലപ്പെടുത്തുന്നില്ല അതൊക്കെ ഉപാസനയിലാണ് അതൊക്കെ തത്വജ്ഞാനത്തിലൊന്നുമല്ല ഉപാസനയിലും മറ്റും അങ്ങനെയല്ല മനസ്സുകൊണ്ട് മല്ലുപിടിക്കും ഇവിടെ നിർത്തണം മനസ്സിന് ഇവിടെ അതൊന്നും ഇവിടെ കേവലം ആവീസ്മരണം അസംഭവിക്കുന്നു പ്രത്യേകിച്ചൊന്നും പിന്നെ നേടാനില്ല നേടിയത് നഷ്ടപ്പെടാതിരിക്കാന്നുള്ളതേയുള്ളൂ നഷ്ടപ്പെട്ടിട്ട് പിന്നെ വീണ്ടെടുക്കാനില്ല നഷ്ടപ്പെടാതിരിക്കുക അതിനുള്ള അവിസ്മരണമെന്ന് പറയുന്നത് അവിദ്യകൃത അനർത്ഥ പാശരൂപതി സംഭവിച്ച ഒരാള് തത്വജ്ഞനായി പിന്നീട് പറഞ്ഞു അതാ സത്സമ്പത്തി സത്സമ്പത്തിയാണോ പിന്നീട് ആവർത്തിക്കുന്നില്ല പിന്നീട് ഈ ജനന മരണങ്ങൾ അതിലൂടെ കടന്നു പോവുക വീണ്ടും ഗുരു ശാസ്ത്രം ശ്രവണം സാധന ഇതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനെല്ലാം നിമിത്തമായി എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം നശിക്കുന്നു ഇതിനൊക്കെ നിമിത്തമായിട്ട് എന്താ ഉള്ളത് നമുക്ക് അറിയാൻ അതാണ് പരമാർത്ഥം അറിയാൻ വയ്യാത്തേനും പറയുന്നു മായ അനാദി എന്നെല്ലാം പറയും അനാദിയായി എന്തൊക്കെ നമ്മൾ മനസ്സിന്റെ കെട്ടുപാടുകൾ എന്ന് പറയും അതാണ് മനസ്സിന്റെ കെട്ടുപാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സദേവ സത്തായിരുന്ന അതിനെ ജീവഭാവത്തിൽ ഈ പ്രപഞ്ചത്തോട് ബന്ധിക്കുന്നത് മനസ്സാണല്ലോ ബന്ധിപ്പിക്കുന്നു അതാണ് മനസ്സിന്റെ കെട്ടുപാട് അത് രാഗമോ ദേഷമോ അഹന്തയെന്നോ ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് അർത്ഥമാണ് മനസ്സിന്റെ കെട്ടെന്ന് സാധാരണ പറയും ഞാൻ ഹൃദയഗ്രന്ഥി എന്ന് പറയും അത് ഒന്നല്ല ചിലത്തേന് അധ്യാസം എന്ന് പറയും സാങ്കേതികമായിട്ട് രാഗുദ്വേഷങ്ങൾ പറയും എന്താണ് ഹൃദയഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ ഉത്തരവ് ഇതെല്ലാം ഇല്ലാതാകുന്നു ഞാൻ അഗ്നി സർവകർമാണി ഭസ്മ ഭര ചർച്ച ചെയ്യണം വിദ്യ അതെല്ലാം മനസ്സിച്ച് കൊണ്ടാണ് ഭാഷകാരങ്ങൾ പറയുന്നത് ഈ ബോധത്തിൽ എന്ത് സംഭവിക്കുന്നു കാരണം ആ ബോധത്തിൽ മുക്തിയിൽ പിന്നെ ജന്മം ഇല്ലെന്ന് പറയുന്നു ജീവൻ മുക്തനാണ് പിന്നെ വിധേയ മുക്തനാണെന്നെല്ലാം പറയും അതിന് സമാധാനം പറയും സസ്യം ജലബായം സ്മൃതി ലംഭേ സ്മൃതി ലബ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനെങ്കിലും ഓർമ്മിച്ചെടുക്കുന്നതല്ല അവിസ്മരണം പക്ഷേ ധ്രുവമായ അവിച്ചിന്നമായ അവിസ്മരണം സർവേഷണ ഇത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് സ്മൃതി ലബ്ധിന്നൊക്കെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചർച്ചയിൽ ഈ വിഷയം വന്നിട്ടുണ്ടെന്നൊരു വിശദമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ പ്രമാണമാണിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളുടെയും പ്രമാണത്തെ നമ്മളിപ്പം നേരിട്ട് കാണുകയാണ് ഭാഷകാരൻ എന്നടുത്ത് എഴുതിയിരിക്കുന്നു പറയുന്ന സമയത്ത് ഇതിന്ന ഭാഗത്ത് ഇന്ന പേജിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയത്തൊക്കെയുള്ള ഓർമ്മ ശക്തി എനിക്കില്ല അത് വേണമെങ്കിൽ ഇത് മുഴുവൻ ഇരുന്ന് ബുദ്ധിയിരുന്ന് മനഃപ്പാഠം ചെയ്യുന്നു എന്നാലും ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഡെയിലി രണ്ട് മൂന്ന് മണിക്കൂർ ഇത് തന്നെ ആവർത്തിച്ചാൽ ഇതൊക്കെ ഓർമ്മിക്കും ഇന്ന ഭാഷത്തില് ഇന്ന ഭാഗത്തും അവര് സാമർഥ്യം ബുദ്ധിക്ക് വേണം അതില്ല അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ കിട്ടിയതിന്റെ പ്രമാണം ഇതാണോ എന്നുള്ളത് ഇവിടെ പറയുന്നു പ്രസ്യം ജലബ്ധായ സ്മൃതി ലംബി സതി സർവേഷ അനർത്ഥ പാശ്വരൂപണ അവിദ്യാകൃതമായ അനർത്ഥ പാശം പാശവം എന്ന് പറഞ്ഞാൽ കയറ് കയർ എന്ന് വെച്ചാൽ എന്താ കെട്ടാൻ ഉപയോഗിക്കുന്ന സാധന അർത്ഥത്തിലാണ് ഇപ്പൊ പാശം എന്ന് പറയുന്നത് ബന്ധനം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കയർ കെട്ടിയില്ലെങ്കിൽ അത് ബന്ധനം ഉണ്ടല്ലോ കെട്ടുമ്പോഴല്ലേ അത് ബന്ധനു അപ്പോൾ അവിദ്യാകൃതമായ അനർത്ഥ ബന്ധനങ്ങൾ അനേക ജന്മാന്തര അനുഭവ ഭാവന കഠിനീകൃതമാണ് അനേക ജന്മാന്തരങ്ങൾ അനേക ജന്മങ്ങളിലുള്ള അനുഭവ ഭാവന അനുഭവ സംസ്കാരം അതുകൊണ്ട് കഠിനമായതാണെന്ന് വെച്ചാൽ വളരെ ദൃഢമായതാണ് ഈ ബന്ധനത്തിൽ നമ്മൾക്ക് അരടി കുറ്റവും ഇത് അത്രയും ദൃഢമാണ് അനേക ആ ബന്ധനത്തിന്റെ കാഠിന്യത്തെ ഇങ്ങനെ ഒരു ജന്മത്തിൽ ഇല്ലാതാക്കുന്നു പല ജന്മങ്ങൾ വീണ്ടും വേണ്ടി വന്നിരിക്കും അതിനൊന്നും വ്യോപനപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ടത് പറയുന്നത് കഠിനീകൃതമാണ് ഹൃദയാശ്രയാണ് ഗ്രന്ഥീന ഈ മനസ്സിലുള്ള കെട്ടുപാടുകൾ വിപ്രമോക്ഷം വിശേഷണം പ്രമോക്ഷണം വിനായോബോധം അത് പൂർണ്ണമായും ഇല്ലാതാകുന്നു അത് വിദേഹമുക്തി എന്ന് പറയാം പൂർണ്ണമായും അയാൾ സ്വതന്ത്രനാകുന്നു